ആരെങ്കിലും സത്യനിഷേധം കാണിച്ചാൽ അവൻറെ കുഫർ സത്യനിഷേധം നിന്നെ ദുഃഖിപ്പിക്കരുത് അവരുടെ മടക്കം ഞങ്ങളിലേക്കാണ് അവർ പ്രവർത്തിച്ചതിനെക്കുറിച്ച് ഞങ്ങളവരെ അറിയിക്കുന്നതാണ് തീർച്ചയായും അള്ളാഹുസുബഹാനഹുവ തായാല ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു